ഭൗതികവാദികൾ പറയുന്നത് ചർവാദനം മറ്റും പറയുന്നു ഇന്ദ്രിയങ്ങൾ ദേഹത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു അവിടെ അതിന്റെ പിന്നിലൊരു നിർഗുണം ബ്രഹ്മം അതിന്റെ അധ്യാസ ഇതിൻ്റെ ആവശ്യം എന്തോ അതാന്ന് വെച്ചാൽ പക്ഷാന്തരം ദേഹ ഏവ അധിഷ്ഠാത ദേഹം തന്നെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളുടെ അധിഷ്ഠാതാവ് എന്തുകൊണ്ടായിക്കൂടാ കസ്മാതി കൃതം അത്ര അധ്യാസേന അധ്യാസേന കൃതം എന്ന് വെച്ചാൽ പ്രയോജനമില്ല ഇവിടെ അധ്യാസത്തെ സ്വീകരിക്കേണ്ട കാര്യം ചേച്ചി അതായത് ഇന്ന് ഭൗതികവാസം പറയുന്ന പോലെ എന്താണ് ബ്രെയിനാണ് എല്ലാത്തിനെയും പ്രവർത്തിപ്പിക്കുന്നത് എന്നാൽ അവിടെ അധ്യാസത്തെ സ്വീകരിക്കേണ്ട കാര്യമില്ല ബ്രെയിൻ എല്ലാത്തേയും പ്രവർത്തിപ്പിക്കുന്നു പഴയകാലത്ത് ബ്രെയിനിനെ കുറിച്ച് അറിയത്തില്ല അതുകൊണ്ട് അവർ ദേഹമെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ട് അപ്പോൾ ഒരു നിർഗുണം ബ്രഹ്മവും പിന്നെ അതിന്റെ അധ്യാസമൊന്നും ആവശ്യമില്ലെന്നാണ് ഈ ശരീരം കൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ചോളാം അതിന് ഭാഷകാരൻ മറുപടി പറഞ്ഞാണ് നജ അനധ്യസ്ഥ ആത്മഭാവേന ദേഹേന കസ് ആത്മ എന്നാതെ അനധ്യസ്ഥാത്മഭാവേന ചൈതന്യം അധ്യസിക്കാതെ ദേഹേനാ വെറും ദേഹങ്ങളും ഇതിന്റെ പിന്നിനൊരു നിർഗുണ ചൈതന്യം വേണം അതിന്റെ അധ്യാസം ദേഹത്തിൽ വരണം ഇത് വരാതെ അനധ്യസ്ഥ ആത്മഭാവിയാണ് അദ്ദേഹം അധ്യാസ സംഭവിക്കാത്ത ആത്മഭാവം എന്ന് പറയുന്നത് ചൈതന്യാണ് ചൈതന്യ അധ്യാസം കൂടാതെയുള്ള അദ്ദേഹം കൊണ്ട് കശ്ചിത് വ്യാപ്രിയതെ ആരും പ്രവർത്തിക്കുന്നില്ല എന്തുകൊണ്ട് ഭാഷകാലം പറഞ്ഞു വ്യാഖ്യാനിക്കുന്നു സുഷുപ്ത വ്യാപാര പ്രസംഗം എന്തുകൊണ്ട് സുഷുപ്തയിൽ പ്രവർത്തിക്കുന്നില്ല സുഹൃത്തിയില് കണ്ണ് എന്തുകൊണ്ട് കാണുന്നില്ല ചെവി എന്തുകൊണ്ട് കേൾക്കുന്നില്ല മൂക്ക് മണക്കുന്നില്ല ഇന്ദ്രിയങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല എന്തുകൊണ്ട് അവിടെ ഈ ചൈതന്യം നിർഗുണ ചൈതന്യത്തിന് അന്ധക്കരണമായിട്ടുള്ള അധ്യാസമുണ്ട് അധ്യാസമുണ്ട് അധ്യാസം ഉണ്ടെങ്കിൽ അതൊക്കെ പ്രവർത്തിച്ചു ുന്നത് അപ്പോൾ അധ്യാസം കൂടാതെ ദേഹം പ്രവർത്തിച്ചിരുന്നെങ്കിൽ സുഷുത്തിയിൽ ദേഹമുണ്ട് സുഷുത്തിൽ ദേഹം ഉണ്ടാവില്ല ദേഹം പ്രവർത്തിക്കേണ്ടതാണ് പക്ഷെ പ്രവർത്തിക്കുന്നില്ല എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല അവിടെ അധ്യാസമില്ലാത്തർത്ഥം അതാണ് സുഷുദ്പി വ്യാപാര പ്രസംഗ എന്ന് പറഞ്ഞാൽ അധ്യാസം കൂടാതെ കേവലം ദേഹം ആണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ സുഷിത്വ ഇന്ദ്രിയങ്ങളും മറ്റും പ്രവർത്തിച്ചത് സുഷ്ട ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് അവിടെ ഇന്ദ്രിയങ്ങളിൽ അധ്യാസമില്ല എന്തൊക്കെ ഇന്ദ്രിയങ്ങളൊന്നും അധ്യാസമില്ല അതുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പം അധ്യാസമുണ്ട് അധ്യാസത്തിന് പിന്നിലൊരു നിർഗുണ ചൈതന്യമുണ്ട് എന്നൊക്കെയുള്ളതിന് തെളിവെന്താണ് സുഷിത്വയിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് ാണ് അത്യാസമില്ലെങ്കിൽ ആത്മാവ് ഉപാധി ഇല്ലെന്നാസം ഇല്ലെന്ന് പറയുമ്പോൾ മനസ്സിലാവും അതൊന്നും ഇല്ലെന്നല്ലോ പറഞ്ഞത് അധ്യാസം ഇല്ല അതായത് ഇവിടെ എന്താണ് പറയുന്നത് ആത്മാവും അനാത്മാവും രണ്ട് കാര്യങ്ങളാണ് ആത്മാവും അനാത്മാവും ഉള്ളപ്പോഴാണ് എന്ത് നടക്കുന്നത് അധ്യാസം നടക്കുന്നു അധ്യാസം നടക്കണമെങ്കിൽ എന്തു വേണം ആത്മാവും വേണം അനാത്മാവും വേണമെങ്കിൽ അധ്യാസം നടക്കും സുഷ്ടത്തിയിൽ എന്തു വരുന്നു അധ്യാസം നടക്കുന്നില്ല അതാത്മാവില്ല എന്ന് പറഞ്ഞില്ല അധ്യാസം നടക്കുന്നില്ല പിന്നെ സുഷുതിയിൽ ദേഹമുണ്ടോ ഇന്ദ്രിയുണ്ടോ മനസ്സുണ്ടോ പ്രാണന്മാരുണ്ടോ അതൊക്കെ മറ്റൊരു വിഷയമാണ് ഇവിടെ അതുണ്ടോ ഇല്ല എന്നുള്ള കാര്യമല്ല ഇവിടെ പറയാറ് ഇവിടെ അക്കാര്യമല്ല ചർച്ച ചെയ്യും സുഷുത്തിയില്ലാതൊക്കെ ഉണ്ടോ ഇല്ലയോ അത് മറ്റൊരു കാര്യമാണ് എന്ന് പറയുന്നു ഇപ്പോ എന്താണ് അന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒരു മറയുണ്ടെന്ന് നമ്മര മറയേ ഉള്ളൂ ഇന്നു വിരുമോൻ ആയി거든요 മറയ മറയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം എന്തുന്ന് മറ എന്തുന്ന് മറ എന്തുന്ന് മറയാ ഇതിന്റെ ശീല പോലെ ഒരു മറയുള്ള ഒരു ആക്ഷരം മറ അല്ലേ എന്തു ഇതിവിടെത്തെ മറയടയര് പറ ആത്മആറിൽ അഭ്യാസം ചെയ്തില്ലേ അതായത് സുഷുപ്തിയിൽ മറയുണ്ടെന്നാണ് അതാണോ അവിടെ മുറയെ കുറിച്ച് തന്നെയാ പറയുന്നു മറയല്ലേ പറഞ്ഞു മറ മാറി ഉം അത് വേറെ വിഷയ തിര എന്ന് പറയും അതീതമായിട്ട് എന്താ ബന്ധം തിര എന്ന് പറയുന്നത് ആഭരണം വിഷയത്തെ ആവരണം ചെയ്തിരിക്കുന്ന അതീ പറയുന്ന ആട്ടൊന്നും ഒരു ബന്ധവുമില്ലല്ലോ അതല്ലെന്നവിടെ പറയുന്നത് ഇവിടെ പറയുന്ന എന്താണ് അധ്യാസം ഇല്ല അതുകൊണ്ട് വ്യാപാരം ഇല്ല ഇവിടെ പറയുന്നത് ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെ പറയാം െല്ലാം നമ്മുടെ കല്പനയാണെങ്കിൽ ലോകം ഉറക്കത്തിൽ നമ്മള് കല്പിക്കുന്നില്ല അപ്പൊ ലോകമേ ഇല്ല അപ്പൊ ശരീരമില്ല അതൊക്കെ പറയാം ഉറക്കത്തിൽ നമുക്കൊരു കല്പനയില്ല കല്പനയില്ലെങ്കിൽ ലോകമില്ല ഉറക്കത്തിൽ ഇല്ല എന്ന് പറയണമെങ്കിൽ എന്തുവേണം ഇതെല്ലാം നമ്മുടെ കല്പനയായിരിക്കും നമ്മുടെ ചോദിച്ചാൽ ആത്മാവിന്റെ കല്പനയായിരിക്കും ആത്മാവിന്റെ കല്പനയാണെങ്കിൽ കല്പന ഇല്ലാത്തപ്പോ ആത്മാവ് ആത്മാവ് മാത്രമായിരിക്കും അപ്പോ ഒന്നുമില്ല അത് ഈ ദേഹം മാത്രമല്ല ഇന്ദ്രിയമല്ല ഈ പ്രപഞ്ചമേ ഇല്ല അങ്ങനെ പറയാം സൂഷക്തിയിൽ പ്രപഞ്ചമില്ല ദേഹത്തിന്റെ ഇന്ദ്രിയത്തിന്റെയും കാര്യമില്ല എന്തുകൊണ്ടവിടെ കല്പനയില്ല അപ്പൊ കല്പനയാണെന്ത് നമ്മുടെ ഈ ലോകം പ്രപഞ്ചം കൽപ്പനയാണ് അങ്ങനെയൊക്കെ പറയാം അങ്ങനെ പലതരത്തിലുള്ള അദ്വൈതത്തില് ഇതിനെ വ്യാഖ്യാനിക്കും മനസിലായ വരും പിന്നെ ഇവരൊക്കെ എന്തു ചെയ്യുന്നത് സ്വശക്തിയില് അജ്ഞാനം മൂലാവിദ്യ അതൊക്കെ ഉണ്ടെന്ന് പറയുന്നവരാണ് മൂലാവിദ്യ ഉണ്ടെന്ന് പറയുന്നവരാണ് അവിടെ ഒരു അജ്ഞാനമുണ്ട് സ്വശക്തിയിൽ പിന്നെ സുഷുതിയിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ രണ്ടാമതൊന്നുമില്ല അങ്ങനെ പറയുന്നവരു ഇവിടെ ഇപ്പൊ അതൊന്നും അല്ല പറയുന്നത് നിങ്ങൾ പറയുന്ന എന്താണ് സുഷുതിയിൽ അധ്യാസം ബാക്കിയൊക്കെ ഉണ്ടോ ഇല്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ വ്യാപാരം പ്രവർത്തി വരുമെന്നാണ് പക്ഷെ ഇന്നത്തെ സയൻസ് എന്താ പറയുന്നത് ഉം രാവിലെ സുഹൃപ്തിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വ്യാപാരം നടക്കുന്നുണ്ട് നമ്മുടെ ഓരോ കോശങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട് രക്ത സംക്രമണം നടക്കുന്നുണ്ട് ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട് അപ്പൊ എല്ലാ പ്രവർത്തനവും നടക്കുന്നുണ്ട് അല്ല വ്യാപാരം ഇല്ലാതെ വരികയല്ല അതാണ് ഇന്നത്തെ യോളജി പറയും പിന്നെ ഉറങ്ങി എന്ന് വിചാരിച്ച് സംഭവിക്കാതിരിക്കാം മറിച്ച് ഉറക്കം എന്ന് പറയുന്നതും അതും എന്താണ് ഒരു പ്രവർത്തനമാണ് ബ്രെയിന് ഒരു ബ്രെയിനിന്റെ ഒരു അവസ്ഥയാണെന്ന് പറയുന്നത് ഉറക്കമെന്ന് പറയുന്നത് കുറെ ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നില്ല കുറെ ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നു അപ്പോ നമ്മുടെ മെമ്മറിയൊക്കെ രൂപപ്പെടുത്തുന്നത് ഉറക്കത്തിലാണ് നമ്മൾ പകല് മുഴുവാനിങ്ങനെ ഓരോന്നൊക്കെ അറിയുന്നു അതിൽ നിന്ന് നമുക്ക് മെമ്മറി ഉണ്ടാവണം പിന്നീട് ആ മെമ്മറിയെ രൂപപ്പെടുത്തുന്നൊക്കെ എവിടെ നമ്മൾ ഈ പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുന്ന ഉറക്കത്തിലാണ് ബ്രെയിനാണ് രൂപപ്പെടുത്തുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ സയൻസ് പറയുന്നത് ഇത് പഴയ ആയിരം വർഷമൊന്നും വഴിയല്ലേ അന്നത്തെ അറിവിച്ച് പറഞ്ഞിരിക്കുന്നു അപ്പൊ അവരെ കുറ്റം പറയാൻ പറ്റില്ല അന്നത്തെ അറിവ് ഇതാണ് ഇത് അത് മനസ്സിലാക്കി വേണം പഠിക്കുക ഇതൊക്കെ ഇതാണ് ഇത് ഇത് അന്ധക്കാലം എന്ന് മനസ്സിലാകും ഇത് റെക്കോർഡിംഗ് പിന്നീട് കേൾക്കാറുണ്ടോ മനസ്സോടെ നിൽക്കു ചോദ്യമാണ് യഥാ അനധ്യസ്ഥ ആത്മഭാവം വ്യമാധികം വ്യാപാരൻ പടസം അനധ്യസ്ഥ ആത്മഭാവം വ്യാപാരയൻ ഭവിഷ്യതിമാ നേരത്തെ കുവിന്ദന്റെ ഉദാഹരണം പറഞ്ഞു നെയ്ത്തുകാരൻത്തുകാരൻകരണങ്ങളുണ്ട് നെയ്തു നെയ്ത്തുകാരന്റെ ഉള്ളിൽ കൂടസ്ഥ ചൈതന്യമുണ്ട് ആ ചൈതന്യത്തിന് ഈ ദേഹത്തോട് താതാത്മ്യമുണ്ട് ദേഹത്തിലിരിക്കുന്ന അന്ധകൃതത്തോട് താതാത്മ്യമുണ്ട് ഇന്ദ്രിയങ്ങളോട് താതാത്മ്യമുണ്ട് പക്ഷെ ആ താതാത്മ്യം എന്ന് പറയുന്നത് നെയ്ത്ത് ഉപകരണങ്ങളോടില്ല അത് വേറെയല്ലേ ശരീരത്തിന് പുറത്തുള്ള സാധനങ്ങളല്ലേ ഉപകരണങ്ങൾ തുലി വേമ എന്നെല്ലാം പറയും അത് വേറെയാണ് അതിനോട് ഇല്ലല്ലോ താതാത്മ്യം ഇല്ലല്ലോ താതാത്മ്യം ഈ കുവിന്ദൻ അത് ഉപയോഗിച്ച് തൻ അധ്യാസമില്ലാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് നെയ്യുന്നു അങ്ങനെ നെയ്യാമെങ്കിൽ ഈ ശരീരത്തിൽ പിന്നെ അധ്യാസം സ്വീകരിക്കുന്നു അവിടെ അധ്യാസത്തിന്റെ ആവശ്യ കർണങ്ങളെ ഉപയോഗിക്കുന്നതിന് കുയന്ത അധ്യാസത്തിന്റെ ആവശ്യപ്പെർക്കികന്മാരും മറ്റും അധ്യാസം സ്വീകരിക്കുന്നില്ല അവരെന്താ പറയുന്നു ജാനാതി ഇച്ഛത്തി അവര് പറയുന്നു അറിയുന്നു ിച്ഛിക്കുന്നു പ്രവർത്തിക്കുന്നു ഇതിന്റെ ആവശ്യമുള്ള അധ്യാസം ഒന്നും ആവശ്യമില്ല കുറിച്ച് ഞാൻ അറിയുന്നു സ്വർഗത്തെ കുറിച്ച് അറിയുന്നു ഇച്ഛതി സ്വർഗത്തിൽ പോണമെന്ന് ആഗ്രഹിക്കുന്നു പ്രവർത്തത യാഗം ചെയ്യുന്നു ഇത്രയേ അധ്യാസത്തിന്റെ ആവശ്യം ാണ് പറയുന്നത് അതുപോലെ കുവിന്ദൻ എന്ത് ചെയ്യുന്നു കുവിന്ദ്രന്റെ ശരീരത്തിൽ അധ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും നെയ്ത് ഉപകരണങ്ങൾ എന്താ അധ്യാസം ഇല്ല അധ്യാസം ഇല്ലാത്ത ഉപയോഗിച്ച് കുവിന്ദൻ പ്രവർത്തിക്കുന്നു അതുപോലെ അധ്യാസമില്ലാത്ത ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ആത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് സ്വീകരിക്കുന്നതിനെന്താ കുഴപ്പം അതാണ് ചോദ്യം യഥാ അനധ്യസ്ഥാത്മഭാവം ചൈതന്യത്തെ അധ്യസിക്കാത്തതായാൽ ആത്മഭോന്നിച്ച ചന്യം വ്യമാലികം വ്യാപാരൻ കുവിന്ദ അതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് കുവിന്ദൻ പടസ ഭഗവതി പടത്തിൽ ഉണ്ടാകുന്നു വസ്ത്രത്തെ നെയ്യുന്നു അതുപോലെ ചൈതന്യത്തെ അധ്യസിക്കാത്തതായം തുടങ്ങിയവയെ വ്യാപാരൻ പ്രമാത പ്രവർത്തിപ്പിച്ചുകൊണ്ട് ഇതിനൊന്നും എന്താണ് അധ്യാസ് സംഭവിക്കാതെ ഇതിനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് കുവിന്ദൻ എങ്ങനെയാണോ നെയ്ത് ഉപകരണങ്ങളെ ഉപയോഗിക്കുന്നതുപോലെ പ്രമാതാവ് ഇവിടെ അധ്യാസ് സംഭവിക്കാതെ സംഭവിക്കാതെ എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ അതാണ് വ്യാപാരയൻ പ്രമാ ഭവിഷ്യ പിന്നെ എന്താ സംഭവിക്കുന്നു കുവിന്ദൻ നെയ്ത്ത് ഉപകരണങ്ങളിൽ കുവിന്ദന്റെ താതാഭ്യമില്ല അധ്യാസം പക്ഷെ നെയ്ത്തുപകരണ ഗുണങ്ങളെ കുറിച്ച് അറിയാം കുവിന്ദന് കാരണം ഇന്ന ഇന്ന സാധനങ്ങൾ ഉപയോഗിച്ച് വേണം നെയ്യേണ്ടത് അതിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അതിന് ഉപയോഗിക്കേണ്ടത് അതിന്റെ ഉപയോഗക്രമം എല്ലാം ഉണ്ട് അറിവുണ്ട് അറിവെച്ച് അത് പ്രവർത്തിക്കാൻ ആവശ്യമുണ്ട് അറിഞ്ഞാ മതി ഇതെങ്ങനെ അതുപോലെ പ്രമാതാവും അറിഞ്ഞാ മതി എന്താണ് ഇന്ദ്രിയങ്ങളെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നല്ല അവിടെ പ്രമാതാവ് അവിടെ താതാത്മ്യത്തിന്റെ ആവശ്യം അഭിജ്ഞനായിരുന്നാമതി അറിയുന്നവനായിരുന്നാമതി തർക്കന്മാരും മറ്റും പറയുന്നു അറിയുന്നു പിന്നെയും പൂരോക്ഷമാണ് അതാണ് അനധ്യസ്ഥാത്മഭാവം വ്യാപാരൻ പ്രവർത്തിപ്പിക്കുന്നവനായി അറിയുന്നവനായും അവൻ പ്രവർത്തിക്കും അവൻ അധ്യാസത്തിന്റെ ആവശ്യം ഇല്ല അറിവ് നിഷേധിക്കാണ് താർക്കന്മാര് മറ്റും പറയുന്നവരെ അറിഞ്ഞ ആഗ്രഹിച്ച് പ്രവർത്തിക്കാം എന്നാണ് പ്രവർത്തിക്കുന്നവന് കരണങ്ങളെക്കുറിച്ചുള്ള അറിവ് മതി അല്ലാതിലൂടെ അധ്യാസത്തിന്റെ ആവശ്യമില്ല അറിഞ്ഞ് ആഗ്രഹിച്ച് പ്രവർത്തിക്കും അതാണ് പൂർവ്വപക്ഷി പറയുന്നത് അപ്പൊ അത്വനിയാണ് ഇവിടെ എന്തുകൊണ്ടുവരുന്നത് ഒരു അധ്യാസം ഒരു താതാത്മ്യം നിർഗുണ ചൈതന്യത്തിന് ഇതെല്ലാമായിട്ട് ഒരു താതാത്മ്യം കൊണ്ടുവരുന്നത് എന്ന് പറയുന്നത് അതിന് സമാനം പറയുന്നു ഭാഷ്യത് നവസ്മിൻ അസതി അസന്ത ആത്മന പ്രമാതൃത്വം പുറത്തിതേ ഇതൊന്നും കൂടാതെ ഈ പറയുന്ന അധ്യാസവും ഒന്നും കൂടാതെ അസംഖമായ ആത്മാവൻ അതാണ് ആത്മാവെന്താണ് നിർഗുണമാണ് അസംഘമാണ് അതൊരിക്കലും പ്രമാതാവകത്തില്ല പ്രമാതാവെന്ന് വെച്ചാൽ അറിയുന്നവനാകത്തില്ല അപ്പൊ ഈ ശുദ്ധമായ ആത്മാവ് നിർഗുണമായ നിത്യശുദ്ധ ബുദ്ധ മുക്തമായിരിക്കുന്ന ആത്മാവല്ല അറിയുന്നത് അത് അസംഖമായി നിർഗുണമായിരിക്കുന്നു അറിയുന്നവനാണ് ഇവിടെ പ്രമാതാവ്ന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു അറിയുന്നവൻ ഉണ്ടാവണമെങ്കിൽ അധ്യാസം സംഭവിക്കുന്നു ആത്മാവ് അറിയുന്നവനല്ല ആത്മാവെന്ന് പറയുന്ന എങ്ങനെ ഇരിക്കുമ്പോഴും നിർഗുണമായിരിക്കും അപ്പോ അധ്യാസ് സംഭവിച്ചാൽ ആരുണ്ടാവു പ്രമാതാവ് ഇതാണ് പ്രധാനമായ കാര്യം ആണ് പറയുന്നത് ഏതസ്മിൻ സർവസ്മിൻ അല്ല ഭാഗവധികാരം വ്യാഖ്യാനിക്കുന്നു ഇതരേതര അധ്യാസേ ഇതരേതര ധർമാധ്യാസേ അസതി ഇത് രണ്ടും ഇല്ലെങ്കിൽ ആത്മാവും ആത്മ ചൈതന്യം ദേഹത്തിൽ സ്ഥൂലത്വികൾ ചൈതന്യത്തി വരുക ഇതരേതര അധ്യാസം എന്ന് പറയുന്നത് ധർമ്മ അധ്യാസം ആത്മാവ് ശരീരം രണ്ട് ധർമ്മികൾ തമ്മിലുള്ള താതാന്യം മറ്റത് ധർമാധ്യാസ് ഇതിലേതർമാധ്യാസേ ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്താണ് ആത്മനോ അസംഗസ്യ അതിന് വ്യാഖ്യാനിക്കുന്നു സർവതാ സർവതാ സർവധർമ്മർമുക്ത ആത്മാവ് എങ്ങനെയുള്ളതാണ് സർവത എല്ലാ പ്രകാരത്തിലും സർവത എല്ലാ കാലത്തേക്കും അധ്യാസം സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും എങ്ങനെയായാലും സർവധർമ്മ ധർമ്മി വ്യുക്തസ്യ അത് ധർമ്മധർമ്മിരഹിതമാണ് ധർമ്മമല്ല ധർമ്മീയല്ല അതൊരു ധർമ്മീയമല്ല അതിന് ധർമ്മവും ഇല്ല ഇല്ല എന്നർത്ഥം അപ്പൊ പിന്നെ ആത്മധർമ്മവും എങ്ങനെയാണ് അനാത്മാവ് അധ്യസിക്കുക എന്ന് ചോദിച്ചാൽ അത് ആത്മാവിൽ ധർമ്മങ്ങളുണ്ടെന്ന് കൽപ്പിക്കുകയാണ് കല്പിതമായ ധർമ്മങ്ങളാണ് ചൈതന്യവും ആനന്ദവും മറ്റു ശരീരത്തിൽ അധ്യസിക്കുന്നത് ശരിക്കും ആത്മാവെന്ന് പറയുന്നത് എന്താണ് ധർമ്മ ധർമ്മി വ്യുക്തമാണ് ഇപ്പോ ധർമ്മധർമ്മിരഹിതമായിരിക്കുന്ന ആത്മാവിൽ എന്താണ് അധ്യാസം കൂടാതെ എന്താണ് ഒരു വ്യാപാരം സംഭവിക്കത്തിന്റെ പക്ഷെ ആത്മധർമ്മങ്ങൾ അനാത്മാവിൽ വരുന്നുവെന്നും പറയും ആത്മധർമങ്ങൾ ചൈതന്യം പറ്റും അനാത്മാവിൽ വരും അപ്പോൾ ആ ധർമ്മം എങ്ങനെ വന്നോ തുടങ്ങി അത് കല്പന കൊണ്ടുവന്നാണ് അപ്പോ കല്പന വന്നിട്ടാണോ അധ്യാസം ആദ്യം ആത്മാവിൽ കൽപ്പിക്കുക കല്പിച്ചിട്ട് ആത്മാവിൽ ചൈതന്യധർമ്മം വരിക പിന്നെ അങ്ങനെ ധർമ്മം വന്നിട്ട് പിന്നെ അധ്യസിക്കുക അങ്ങനെയാണോ ഉം അങ്ങനെയാണ് ആദ്യം എന്തു ചെയ്യുന്നു കൽപ്പന കൊണ്ട് ശരീരാദികളെല്ലാം ഇവിടെ കൽപ്പിക്കുന്നു പിന്നെ കൽപ്പിച്ച ശരീരാദികളോട് എന്ത് വരുന്നു താതാമ്യം വരുന്നു ഈ ഒരു അധ്യാസം വരാതെ പിന്നീട് ഒക്കെ എങ്ങനെ കൽപ്പിക്കും അവർ പൂർവ്വപൂർവ്വ സംസ്കാരം കൊണ്ടിവിടെ കൽപ്പിച്ചിരിക്കുന്നു പൂർവ്വ കൽപ്പത്തിലുണ്ടായിരുന്നു അധ്യാസം ആത്മാത്മ അവിടെ ആത്മധർമ്മങ്ങളെ കൽപ്പിച്ചു അനാത്മധർമ്മങ്ങളെ കൽപ്പിച്ചു ഈ ജന്മത്തിൽ ഈ കല്പത്തിൽ വന്നപ്പോൾ അതിന്റെ സംസ്കാരം കൊണ്ട് തുടക്കത്തിൽ തന്നെ എന്തു ചെയ്തു ആത്മധർമ്മങ്ങളുണ്ടായി അനാത്മധർമ്മങ്ങളുണ്ടായി അവ കൊണ്ട് സംസാര അധ്യാസം ഉണ്ട് അതാണ് എന്തുപറയുന്നത് ഈ അധ്യാസം അനാദി എന്ന് പറയുന്നത് അധ്യാസം അനാദിയൊന്നും സ്വീകരിക്കാതെ ഒരു വഴിയും ഇല്ല അല്ലെങ്കിൽ അധ്യാസം സംഭവിക്കില്ല അധ്യാസം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം ആത്മാവ് വേണം ആത്മാവിന്റെ ധർമ്മങ്ങൾ വേണം അനാത്മാവ് വേണം അതിന്റെ ധർമ്മങ്ങൾ വേണം അതിൽ ആത്മാവ് എന്ന് പറയുന്ന നിത്യമാണ് കുഴപ്പമില്ല അങ്ങനെ സ്വീകരിക്കാം പക്ഷെ ആത്മധർമ്മം എന്ന് പറഞ്ഞാലോ അത് കല്പിതമാണ് ഇനി അനാത്മാവോ കല്പിതമാണ് അനാത്മധർമ്മങ്ങളോ കല്പിതമാണ് അപ്പോൾ ഈ കൽപ്പനകളൊക്കെ വന്നു കഴിഞ്ഞാൽ അധ്യാസം സംഭവിക്കും അപ്പോൾ അധ്യാസവും അല്ലെങ്കിൽ അവിദ്യ കൂടാതെ ഈ കൽപ്പനയ്ക്ക് എങ്ങനെ വരും പറഞ്ഞു അത് സംസ്കാര രൂപത്തിൽ വന്നു എവിടെ നിന്ന് വന്നു പൂർവ്വ സൃഷ്ടിയിൽ നിന്ന് വന്നു അപ്പോൾ അവിടെ അതിന്റെ പൂർവ്വം അവിടെ അതിന്റെ പൂർവ്വം അങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഇതിനെ അനാദി എന്ന് പറയുന്നത് അനാവികളിൽ ഏർപ്പാട് അതാണ് ആത്മനോ അസംഗസ്യ ആത്മാന്ന് പറയുന്ന അസംഘമാണ് സർവത എല്ലാ പ്രകാരത്തിലും സർവത എല്ലാ കാലത്തും സർവധർമ്മധർമ്മി വിതാല് അത് ധർമ്മീയല്ല ധർമ്മമല്ല ഒന്നുമല്ല പ്രമാതൃത്വം എന്താണ് ഉപപദ്ധ്യത അധ്യാസം കൂടാതെ പ്രമാതൃത്വം വരത്തില്ല നടത്തും ശുദ്ധമായത് പ്രമാതാവാകത്ത അറിയുന്നവനാകത്തില്ലാസഭേദ അതാണ് അടുത്ത് വിശദിക്കുന്നത് വ്യാപാര ബന്ധോ കുവിന്ദാദിയോ വ്യാമാതി അധിഷ്ഠായ വ്യാപാര ശരിയാണ് കുവിന്ദന് നെയ്ത്തുകാരന് നെയ്ത്തുപകരണങ്ങളോട് താതാത്മ്യം വരണ്ട പക്ഷേ നെയ്ത്തുകാരൻ സ്വയം വ്യാപാരമുള്ളവനാണ് എന്തുകൊണ്ട് ആ നെയ്ത്തുകാരൻ എന്ന് പറയുന്നത് ശുദ്ധ ബ്രഹ്മം ആ ബ്രഹ്മത്തിന് മേന്ദ്രിയാദികളോട് വന്നവനാണ് നെയ്ത്തുകാരൻ അപ്പൊ അവിടെ അതിനകത്ത് തന്നെ അധ്യാസം വന്നു കഴിഞ്ഞു അപ്പോ എന്താണ് ആ അധ്യസ്ഥ ദേഹാത്മഭാവത്തോടു കൂടിയിരിക്കുന്ന നെയ്ത്തുകാരൻ വ്യാപാരമുണ്ട് പ്രവൃത്തിയുണ്ട് അധ്യാസം കൊണ്ടുവന്ന പ്രവൃത്തിയുണ്ട് ആ പ്രവൃത്തിയുള്ളതുകൊണ്ട് ആ പ്രവൃത്തി ഉപയോഗിച്ച് നെയ്ത്തുകാരണങ്ങളെ പ്രവർത്തിപ്പിക്കും അവിടെ എന്താ മനസ്സിലാക്കേണ്ടത് കുവിന്ദനൽ വ്യാപാരമുണ്ട് കുവിന്തനൽ വ്യാപാരം വന്നെങ്ങനെ അതാണ് അധ്യാസം അവിടെയാണ് അധ്യാസത്തിന്റെ ആവശ്യം പിന്നെ നെയ്ത്ത് ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന എങ്ങനെ കുവിന്ദന്റെ വ്യാപാരം കൊണ്ട് കുവിന്ദൻ വ്യാപാരം കൊണ്ട് എന്നുവെച്ചാ അധ്യാസം കൊണ്ട് കുവിന്ദനെ കിട്ടിയ വ്യാപാരം കൊണ്ടാണ് പ്രവൃത്തി കൊണ്ടാണ് അപ്പൊ അധ്യാസം കൊണ്ട് കുവിന്ദൻ എന്ത് വ്യാപാരം ആ വ്യാപാരം കൊണ്ടെന്ന് വരും കുവിന്ദൻ ചെയ്യും ഈ ഉപകരണങ്ങളെ അതാണ് വ്യാപാരാതെയാ വ്യാപാരമുള്ളവനായ കുവിന്ദാദികൾ വ്യമാതി അധിഷ്ഠായ വ്യമാദികളെ സ്വീകരിച്ചുകൊണ്ട് വ്യാപാരേന്തി അതിന്റെ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നു നെയ്ത്ത് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രവൃത്തി ചെയ്യുന്നു അതിന് ആ ഉപകരണങ്ങളോട് അധ്യാസം വേണ്ടത് അതറിഞ്ഞിട്ട് അതിനെ പ്രവർത്തിപ്പിച്ചാൽ അനധ്യസ്ഥാത്മഭാവസ്ഥ ആത്മനോ വ്യാപാരം അത് തന്നെ വിശദീകരിക്കുന്നു അനധ്യസ്ഥാത്മഭാവസ്ഥ ആത്മചൈതന്യം അധ്യസിക്കാതെയുള്ള ദേഹം ഗോവിന്ദന്റെ ദേഹം ഗോവിന്ദന്റെ ദേഹത്തിൽ അധ്യസിച്ചിട്ടുണ്ട് ആത്മജീവനം അതാണ് അനധ്യസ്ഥ ആത്മഭാവശ്യത്വദേവസ് ദേഹാദിഷൻ ആത്മനോ എന്ന വ്യാപാരയോ ആ എന്താണ് ഗോവിന്ദന്റെ ദേഹത്തിൽ അഭ്യാസം വന്നു കഴിഞ്ഞാൽ ആത്മാവ് അവിടെ പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കുമ്പോ നെയ്ത്തുപൂർണ്ണ കൊണ്ടും പ്രവർത്തിപ്പിക്കും അധ്യാസം വന്ന് കഴിഞ്ഞാൽ എന്തോരം അവിടെ പ്രവർത്തനം നടക്കും അർത്ഥം ആ പ്രവർത്തനം നടന്നാൽ എന്തോരം ദേഹത്തിൽ നെയ്ത് ഉപയോഗിച്ച് പ്രവർത്തിക്കും അതുപറയുന്നത് എന്താണ് അനധ്യസ്ഥാത്മഭാവശ്യത്വ ദേഹാദിഷു ദേഹാദികളിൽ ചൈതന്യം അധ്യസിച്ചില്ലെങ്കിൽ ആത്മനോ എന്നാ വ്യാപാരയോഗം അങ്ങനെയാണെങ്കിൽ എന്തോ ആതാവിന് വ്യാപാരം വരത്തില്ല അല്ലെങ്കിൽ ആത്മാവിന് ജീവൻ വ്യാപാരയോഗം എന്ന് വെച്ചാൽ വ്യാപാര ബന്ധം ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് വ്യാപ അസംഗത്വ അത് ആത്മാവസംഘമാണ് ആത്മാവെന്ന് പറയുന്നത് അപ്പോ എന്താ പറയുന്നത് ഒരു വസ്തു ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാ വസ്തുവിനോട് താതാമ്യം വേണ്ട മറിച്ച് ശരീരത്തോടും ഇന്ദ്രിയങ്ങളോടും താതാത്മ്യം വന്നാൽ മാത്രം മതി ആ താതാമ്യം കൊണ്ട് അവന് ബോധമുണ്ടാവും ബോധമുണ്ടായിട്ട് അവന് ഉപകരണങ്ങളെ കുറിച്ചറിയും എന്നിട്ട് ആ ഉപയോഗിച്ച് പ്രവർത്തിക്കും അവിടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് ഉപകരണങ്ങളോട് അധ്യാസം വന്നിട്ടില്ല ഉപകരണങ്ങളെ കുറിച്ച് അറിവുണ്ടായിട്ടാണ് എന്നാണ് പറയുന്നത് ഉം oh,